കാറൂൺ മൂസ അലിഹിസലാമിന്റെ ജനതയിൽപ്പെട്ടവനായിരുന്നു എന്നാൽ അവൻ അവർക്കെതിരെ അതിക്രമം കാണിച്ചു ശക്തരായൊരു സംഘത്തിന് ചുമക്കാൻ പോലും പ്രയാസകരമായ താക്കോലുകളുള്ള നിധികൾ നാം അവന് നൽകിയിരുന്നു അവന്റെ ജനത അവനോട് പറഞ്ഞു നീ അഹങ്കരിക്കരുത് തീർച്ചയായും അഹങ്കരിക്കുന്നവരെ അള്ളാഹു സുബാനുഹൂവത്തായാല ഇഷ്ടപ്പെടുന്നില്ല